ഒമ്പതാം ഇപ്പി ഇന്ദൂരിമോ ശീതാവണ അനുമൃത് ി സദാ സംസാരഘുനന്ദനം സമീപ്രയുക്താ സമയ ഒരു ശാസ്ത്രമാക്കി അതല്ലേ പറഞ്ഞു കഴിഞ്ഞ ദിവസം സംസാരത്തെ രഘുനന്ദനം സംസാര സത് എപ്പോഴും സർവമേ എല്ലാം സമയ പ്രയുക്ത പൗരുഷ ശരിയായ പൗരുഷങ്ങൾ പുരുഷേണ കൃതം പൗരുഷം പുരുഷ കർമ്മ പുരുഷ കമ്മ കർമ്മം കൊണ്ടോ എന്നത് പ്രയുക്ത ശരിയായി അനുഷ്ഠിച്ച പ്രയുക്തം എന്നത് തന്നെ വിശദീകരിക്കുന്ന നമ്മുടെ ശരിയായി അനുഷ്ഠിക്കുന്ന കർമ്മം കൊണ്ട് സർവവും പ്രാപിക്കുന്നു സർവരും സർവവും ശരിയായ കർമ്മം കൊണ്ടാണ് നേടുന്നത് അത് ഈ സമ്യക്രുക്തം എന്ന് പറയുന്നതിന് എനിക്ക് പറയുന്നത് ശാസ്ത്രഹിതമാണ് ശാസ്ത്രങ്ങൾ വിധിച്ചിരിക്കുന്ന കർമ്മങ്ങൾ വിധിപ്രകാരം എടുത്തിട്ട് ആ കർമ്മം കൊണ്ട് ഫലം ഉറപ്പായും കിട്ടും അപ്പം ആ ശാസ്ത്ര വിധി അനുസരിച്ച് ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ഫലം ഉറപ്പായി അങ്ങനെ ശാസ്ത്രം എന്ന് പറയുമ്പോൾ വേദ ഇതിഹാസ പുരാത സ്മൃതികൾ അതല്ലാണ്ട് ശ്രവണവും സ്മാർത്ഥവുമായിട്ടുള്ള നടക്കുന്നത് അത് നോക്കാം അത് നടക്കുന്ന കാര്യങ്ങളൊന്നുള്ള പരിശോധിച്ച് നോക്കുക ഇത് വരാൻ പോവുകയാണ് അത് നിരന്തരം വരും പൗരുഷം കൊണ്ടേ സാധിക്കും പരിസന്ധബലം പ്രാപ്തോ പൗരുഷദേവതിയായോ സമാഹരായോ ദേവ ഒന്നില്ല പറഞ്ഞു പോലെ ദേവ നന്യത മറ്റൊന്നുകൊണ്ട് സാധിക്കില്ല പൗരുഷം മാത്രമേ സാധിക്കൂ എന്തോരുവേ രീതിയിൽ ശീതളാഹ്ലാദനം ഹൃദയം ഈ ശീതളാഹ്ലാദനം വാസഷ്ടത്തിൽ നിരന്തരം പറയുന്ന ആഹ്ലാദനം വെച്ചാൽ ആഹ്ലാദം സന്തോഷം സുഖം അപ്പൊ അത് ശീതളമായിരിക്കാൻ ശീതം എന്ന് പറയുന്നത് ജലത്തിന്റെ ഗുണമാണ് തണുപ്പും സന്തോഷം എന്ന് പറയുന്നത് തണുപ്പും ശീതം ലാലി ശീതം ലാതീതി ശീതളം ശീതത്തെ ഉണ്ടാക്കുന്നതാണ് നമ്മുടെ ശരീരത്തിൽ ശീതത്തെ ഉണ്ടാക്കുന്ന ശീതളം എന്ന് പറയും ഹിന്ദും ശീതളമാണ് തൊട്ട് കഴിഞ്ഞാൽ തണുപ്പ് അപ്പൊ ആനന്ദം എന്ന് പറയുന്നത് എന്ന് ചോദിച്ചാൽ അത് പറയുന്നതിൻ്റെ ഉദാഹരണമാണ് എന്താണ് ഹിന്ദോരിയാണ് ഇവിടെ പറയുന്നു ആ എന്ന് പറയുന്നത് രാത്രി പ്രത്യേകിച്ച് ചൂടുള്ള സമയങ്ങളിൽ ശരത്കാലങ്ങളെല്ലാം പകർത്ത ചൂടു കൊണ്ട് രാത്രി പുറത്തിറങ്ങി നല്ല നിലവുള്ള സമയത്ത് ചന്ദ്രനെ നോക്കുമ്പോൾ മൊത്തത്തിൽ അന്തരീക്ഷത്തിൻ്റെ ഒരു തണുപ്പായിരിക്കും അതുകൊണ്ട് തന്നെ ഒരു സന്തോഷമായി അപ്പോൾ ചന്ദ്രനെ കാണുകയും അനുഭവിക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ തണുപ്പും ആനന്ദവും അതാണ് ഹിന്ദു വിവാഹം ഹിന്ദു സംബന്ധിയായി തണുപ്പ് ആനന്ദം ഉണ്ടാകുന്നതുപോലെ ഇവിടെ പറയുന്നത് മുക്തൻ ജീവൻ മുക്തന്റെ സന്തോഷത്തെ കുറിച്ചാണ് അപ്പോൾ അതൊരു ഉപമയായിട്ടെടുത്താൽ മതി ഇപ്പൊ ആനന്ദം വരുമ്പോൾ തണുപ്പോ ചൂടോ അങ്ങനെയുള്ള ഭൗതികമായ സ്പർശേന്ദ്രിയ ഗ്രാഹ്യമായ ഗുണങ്ങളൊന്നും നമുക്ക് അനുഭവിക്കാൻ പറ്റത്തില്ല മറിച്ച് അവിടെ എന്താണ് ശീതളത എന്ന് പറയുമ്പോൾ ശാന്തി സമാധാനം ഇതൊക്കെ അനുഭവിക്കാൻ പറ്റും ആനന്ദം വരുമ്പം അത് രണ്ടു തരത്തിലുണ്ടാകാം ആനന്ദമെന്ന് പറയും അത് നമുക്ക് സാത്വികമായ നിമിത്തങ്ങളിൽ നിന്നാണ് ആനന്ദം ഉണ്ടാകേണ്ടതെങ്കിൽ അവൻ്റെ മനസ്സിൽ ഒരു ശാന്തി സമാന്താനം ഒക്കെ ഉള്ള ഒരു സുഖമായിരുന്നു അത് പ്രത്യേകിച്ചും സമരസപ്രധാനമായ സുഖം സമരസപ്രധാനാണ് ത്യാഗം കൊണ്ട് കിട്ടുന്ന സുഖം ശാന്തി കൊണ്ട് വരുന്ന ഒരു സുഖം മനുഷ്യന് തൃഷ്ണ കൊണ്ട് അവനീ സുഖത്തെ പ്രാപിക്കാൻ ശ്രമിക്കും പലതരത്തിലുള്ള സുഖത്തെ പ്രാപിക്കും അസുഖത്തിൽ ആളാദുണ്ടാവും സന്തോഷമുണ്ടാവും പക്ഷെ അതിന് പ്രേരകമായിരിക്കുന്നത് തൃഷ്ണ ആയതുകൊണ്ട് ആ സുഖം എന്ന് ശാന്തമായ സുഖം അനുഭവിക്കുന്നു പറയാൻ പറ്റും അത് ചിലപ്പോൾ നമ്മൾ വാക്കിയൊക്കെ അതുകൊണ്ട് സന്തോഷം വന്ന് വാക്കറ്റാ പോകുന്നു സന്തോഷം വന്ന് അത് സംഭവിക്കാറുള്ളതാണ് പരീക്ഷയുടെ മാർക്ക് അറിഞ്ഞപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരു കുട്ടിക്ക് വാക്കറ്റാ നല്ല മാർഗായതുകൊണ്ടാണ് മോശമായ ആഗ്രഹിച്ച കൂടെ ഒരു സഹിക്കാൻ പറ്റി അത് ശീതള സമരസപ്രധാനമായൊരു സുഖമാണ് ത്യാഗത്തിൽ നിന്ന് തൃഷ്ണശാന്തിയിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന സമാധാന ശാന്തി മറിച്ച് പലതരത്തിലുള്ള സുഖം മനുഷ്യൻ ആർജിക്കുന്നുണ്ട് അതൊക്കെ അവന് ഇതുപോലെയുള്ള പ്രശ്നങ്ങളുണ്ടാകും ഇപ്പൊ കശാപ്പ് കാരണം അവന്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു സുഖമുണ്ട് എല്ലാന്ന് പറയാൻ പറ്റും സന്തോഷം അവന് കൊടുക്കുന്നുണ്ട് ചെയ്യണം അത് ശമരസപ്രധാനമായ ശാന്തിയാണ് ആനന്ദം ആ ആനന്ദം എന്താണ് അത് ഇതിനെക്കുറിച്ച് മാറുന്നവരും മത്സൂദന സരസ്വതി സാഹിത്യമായിട്ട് ബന്ധപ്പെട്ടു ഒരുപാട് ചർച്ച ചെയ്ത സാഹിത്യവുമായി ബന്ധപ്പെടുത്തിയ ചർച്ച ചെയ്തത് ഇവിടേക്കും അതിനെല്ലാം ആത്മീയതയുമായി ബന്ധപ്പെടുത്തിയാണ് അതുപോലെ ശാന്തം സുഖം അതെല്ലാം പറയും ആ സുഖം ഒരാൾ മുക്തി എന്ന് പറയുന്നതിനൊരു അതിലൊരു ഒരു സുഖം ഉണ്ടെന്ന് പറഞ്ഞാൽ ഇതാണ് ഉള്ളിൽ സമാധാനം ഉണ്ടായിരിക്കും ആ സമയം സന്തോഷമുണ്ടായിരിക്കും അപ്പം അവിടെ പ്രധാനമായും വരുന്നത് എന്താണ് അയാള് സുഖത്തിനാശ്രയിക്കുന്ന തൻ്റെ തന്നെ ആന്തരികമായ വിദ്യവൃത്തികളെ നമ്മൾ സാധാരണഗതിയിൽ സുഖത്തിനെ ആശ്രയിക്കുന്ന എന്താണോ കുറച്ചും പോലെ ഈ കാളിനകത്ത് വലിയ ചൂടായിരുന്നു ഞാൻ പാൻ ഇടാനും സമ്മതിക്കട്ടു നേരത്താണെങ്കിൽ എരിപ്പൊരിവുള്ള കയറി അപ്പൊ പാനെനിക്ക് ദുഃഖം ഉണ്ടാകും സുഖത്തെ ഉണ്ടാകും അപ്പൊ ബാഹ്യമായ നിമിത്തങ്ങളെ ആശ്രയിച്ച് നമ്മളെന്ത് ചെയ്യുന്നു സുഖത്തെ സ്വീകരിക്കുന്നു ബാഹ്യനിമിത്തം അനുകൂലമായി കഴിഞ്ഞാൽ നമ്മുടെ സുഖം പ്രതികൂലമായി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാകും ഇവിടെ പറയുന്ന സുഖം അങ്ങനെയല്ല ഇത് ശാന്തസുഖം എന്ന് പറയുന്നത് ബാഹ്യനിമിത്തങ്ങളെ അപേക്ഷിക്കാതെ തൻ്റെ കേവലം ആന്തരികമായ ബുദ്ധിവൃത്തികളെ ആശ്രയിച്ച് മാത്രമുള്ള സുഖം അതിനോട് പറയുന്നത് ബുദ്ധിവൃത്തികളും വേണമെന്നില്ല സുഖത്തിൽ അല്ലാതെ സുഖമില്ല എങ്ങനെ എങ്ങനെയാണ് പൂർണ്ണമായ ശ്രമം ഇത്ര എന്ന് അറിയില്ല സുഷുപ്തിയിൽ അവിടെ എന്താണ് ഒരു വൃത്തിയാശ്രയിൽ പൂർണ്ണമായ ശ്രമം ശബപ്രധാനമായ ൂർണമായ അനായാസം നമ്മൾ ബാഹ്യമായ നിമിത്തങ്ങളെ ആശ്രയിച്ച് നമ്മൾ സുഖം നമ്മൾ നേടുന്നതോടെ ആയാസം കൂടി വരുന്നുണ്ട് നമുക്ക് ആയാസം സാധ്യമാണോ പ്രയത്ന സാധ്യമാണ് ആ സുഖം ഏകദേശം പ്രയത്നം കൂടെ വേണം അപ്പോൾ മനസ്സിനും ആ പ്രയത്നം കൂടുതലായിട്ട് വരും അങ്ങനെ കൂടുതലായി വരുന്നതുകൊണ്ടാണ് സുഖം തന്നെ നമ്മളെ തളർത്തി കളയുകാർട്ട് അറ്റാക്ക് വരുന്നത് സുഖം വരും സുഖം തന്നെ നമ്മൾ തളർത്തി കളയുന്നത് യത്നം അവിടെ ആവശ്യം പിന്നെ ബാക്കിയ നിമിത്തങ്ങളിലുള്ള ആ സുഖം നിമിത്തത്തെ ആശ്രച്ചു വരുന്ന സുഖം എന്ന് പറയുന്നത് നമ്മൾ നിരന്തരം അനുഭവിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ബോറടിക്കും അങ്ങനെ നിരന്തരമായ ആസ്വാദനം എന്ന് പറയുന്നത് നമുക്ക് വിരസതയുണ്ടാവും അതും മനുഷ്യന്റെ അനുഭവത്തിലുള്ളതാണ് ഇവിടെ പറയുന്ന ഈ പറയുന്ന സുഖം എന്ന് പറയുന്നത് ശീതലാഹ്ലാദനം എന്ന് പറയുന്നത് ഒരു സ്ഥായിയായ ആനന്ദം സ്ഥായിയാണ് സ്ഥായി ഭാവം വളർന്ന മോസന അങ്ങനെ സ്ഥായിയായൊരു സാഹിത്യത്തിൽ ഒക്കെ പറയുന്ന സാഹിത്യഗ്രന്ഥങ്ങളൊക്കെ ഒരുപാട് ചർച്ച ചെയ്യും ഗുണങ്ങളുടെ ഭാവങ്ങളെക്കുറിച്ച് ചർച്ച ആ ആനന്ദം എന്ന് പറയുന്നത് അദ്ദേഹം കൂടെ അതാണ് ജീവൻ മുക്തിയുടെ സ്വഭാവങ്ങൾ അപ്പൊ അതിന് ഭാഷ്യകാലം പറയുന്നത് എന്താണ് ആ അസുഖം കിട്ടുന്ന അതിന് പ്രധാനമായും ഭാഷകാലം പറയുന്നത് കർമ്മത്യാഗമാണ് അതാണ് ശമം സമത്തിന് ഭാഷകാലം പറയുന്നത് കർമ്മത്യാഗമാണ് കർമ്മം കൊണ്ട് അസുഖം കിട്ടുമെന്ന് പറയുന്നില്ല ആ കർമ്മത്യാഗത്തെയാണ് ഭാഷകാലം എന്ത് പേർക്ക് വിളിക്കുന്നത് സന്യാസം നമ്മുടെ സുഖത്തിന് കാരണം പറയുന്നത് കർമ്മത്യാഗത്തെ ഞാൻ കേട്ടില്ല അത് കർമ്മത്യാഗം അത് ക്ഷീണം വരും എന്നാണോ ചോദിച്ചത് വളരെ വ്യക്തമായി നമ്മള് എന്താണ് സിതബൻ ലക്ഷണത്തിലൊക്കെ പറയുന്നത് പ്രാക്ടീസ് ചെയ്യുന്നതല്ല അത് സഹജമാണ് കർമ്മത്യാഗം എന്ന് പറയുന്ന ഒരാളുടെ സഹജഭാവമാണ് മറ്റേ പ്രാക്ടീസ് എന്ന് പറയുന്നത് നമ്മൾ എന്താണ് പശീലിച്ചുകൊണ്ടിരിക്കുന്നു നമ്മളീ തലമുട്ട അടിക്കുകയും താടി വളർത്തുകയും ചോക്ക് പെയിന്റ് അടിക്കുകയും ചെയ്യുന്നതിനൊരു പ്രാക്ടീസ് ഒന്ന് വേണമെന്ന് പറയാം ഇത് ക്ഷീണിച്ചു പോകുന്ന കാര്യങ്ങൾ ജയിലിരിക്കുന്നുള്ള ഒരു ഉറപ്പ് ആർക്കും ഉള്ള കാര്യങ്ങൾ സഹജഭാവം ഏ ആ സ്വരൂപം എന്ന് കേവലം ആത്മസ്വരൂപം എന്ന് മാത്രമല്ല ഒരു മാനസികഭാവവും കൂടെ കേവലം ആത്മസ്വരൂപം എന്ന് പറഞ്ഞാൽ അവിടെ ആനന്ദമൊന്നും പറയാൻ പറ്റില്ല മറിച്ച് എന്താണ് അത് മാനസികമായ ഭാവമാണ് അവിടെ എന്താണ് തത്വജ്ഞാനം കൊണ്ട് കർമ്മത്യാഗമുണ്ട് എല്ലാം കൂടെ ചേർത്ത് വരും അവിടെ കർമ്മത്തിന് നേരിട്ട് ഒരു ഒരു ചാൻസുമില്ല എന്ന കർമ്മ പ്രജയ എന്ന് പറഞ്ഞിരിക്കുന്നതാണ് അപ്പോൾ ഇവിടെ കർമ്മത്തേണം പ്രധാനമായിട്ടും കർമ്മം കൊണ്ട് പൗരുഷാദേവ എന്ന് പറയുമ്പോൾ ഇതിനെ വ്യാഖ്യാനിക്കുന്ന ഒരു പ്രയാസപ്പെടങ്ങളുണ്ട് വ്യാഖ്യാതാക്കൾക്കറിയാം കർമ്മം കൊണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ നർമ്മണ കൈവല്യോപേക്ഷത്തിൽ പറയുന്നത് കർമ്മം കൊണ്ട് സാധിക്കട്ടെ അതൊക്കെ പറയുന്നത് എന്താണ് പൗരുഷാധേയം അധർമ്മം കൊണ്ടോ മാത്രമാസാധിക്കും അപ്പൊ പിന്നെ ഒരേ ഒരു വഴികളും എന്താണ് നമുക്ക് എന്ത് ശരിപ്പെടുത്താം എങ്ങനെയാ അങ്ങനെ കർമ്മം കൊണ്ട് ഗത്തശുദ്ധി ഏ ആ കർമ്മം കൊണ്ട് ഗത്തശുദ്ധി പിന്നെ ജ്ഞാനം പ്രാപ്തി അങ്ങനെയൊക്കെയാണ് വ്യാഖ്യാനിച്ച് ശരിയാക്കി എടുക്കുന്നത് പക്ഷെ ഇവിടെ കർമ്മത്തെ കുറിച്ച് പറയുന്ന അൺകണ്ടീഷണൽ ആയിട്ട് നീ ബാഹ്യകാരം പറയും കർമ്മം ഉപകരിക്കും എന്താണെന്ന് ഈശ്വരാർപ്പണമായി കർമ്മം ചെയ്യുക സംഘഭാവനയെ കർമ്മം ചെയ്യുക അതെല്ലാം സഹായി പക്ഷെ അവിടെയൊന്നും നമുക്ക് ഈ ഈ ശബ്ദം ഉപയോഗിക്കാൻ പറ്റില്ല എന്താണെന്ന് പൗരുഷാദ്ദേവ എന്ന് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പൗരുഷാ ദേവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു അദ്വൈതത്തിന്റെ ആണിക്കല്ല് വലിച്ചു പറിക്കുകയാണ് ശരിയാവും ചിലരെ സംശയം വരും അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് ഇവിടെ വെച്ചാൽ നിറത്തിൽ കൂടെ എന്തിനാണ് ഈ പ്രസവും എന്താണ് എന്തിനാണ് പഠിക്കുന്നത് ഇത് എന്റെ ആവശ്യം ഈ മതപ്രഭാഷണം കേട്ട് അദ്വൈതം മനസ്സിലാക്കി വച്ചിരിക്കുന്ന ആൾക്കാരുണ്ടാവും അവിടുന്ന് ഇവിടുന്ന് കോടന്ന് അവർ ഇതൊക്കെ വഴിയെ തെറ്റിക്കുന്നുണ്ട് ഇപ്പോ ശാസ്ത്രം പഠിക്കുമ്പോ വൈശേഷിന്മാര് പറഞ്ഞു നിങ്ങൾക്ക് ആത്മാവിനെ അറിയണം എന്നുണ്ടെങ്കിൽ എന്തുവേണം ആത്മാവിനെ നേരിട്ട് കെച്ചത് എന്താ ആത്മാവെ ഞാനൊന്നും അങ്ങനെ അറിയാൻ പറ്റത്തില്ല എന്നെങ്ങനെ അറിയണം പഠിച്ച ഇതരഭേദാണ് ആത്മാവല്ലാത്തവരിൽ നിന്ന് വേറിട്ട് ആത്മാവിനെ അറിയാം അതേ ഉള്ളതുവഴി കേട്ടിട്ടുണ്ടോ അല്ലാതെ നേരിട്ട് നോക്കുപോയി ആത്മാവിനെ അറിയാൻ പറ്റും അതിനാണ് അതിന് പദാർത്ഥ നിരൂപണം ചെയ്യുന്നത് ഈ പറയുന്ന പദാർത്ഥങ്ങളെല്ലാം ഷോഡശ പദാർത്ഥങ്ങളായാലും സപ്ത പദാർത്ഥങ്ങളായാലും എല്ലാം നിരൂപണം ചിന്ത എന്തിനാണ് ഈ പറയുന്ന പദാർത്ഥങ്ങളിൽ നിന്ന് വേറിട്ട് ആത്മാവിനെ അറിയാൻ വേണ്ടി ശാസ്ത്രങ്ങളിലൊക്കെ പൊതുവെ സ്വീകരിക്കുന്ന എന്താണ് ജോലി വിജയ ശാസ്ത്ര തത്വജ്ഞാനത്തിനു വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വഴിയാണ് അത് വിജായികന്മാരുപയോഗിക്കുന്നതാണ് സാധർമ്മി വൈധർമ്മിക സാധർമ്മിക വിചാരത്തിലൂടെ എന്താണ് നമുക്ക് പല പദാർത്ഥങ്ങളുടെയും സമാന സ്വഭാവത്തെ കണ്ടെത്താൻ അത് മാത്രം പോലെ ഒരു പദാർത്ഥത്തെക്കുറിച്ച് കൃത്യമായ അറിവണമെങ്കിൽ എന്ത് വേണം വൈതൃമ്യ വിചാരം വേണം ഇപ്പൊ പൃഥിവി എന്താണെന്ന് നിങ്ങൾക്ക് കൃത്യമായ അറിയണമെങ്കിൽ ഈ പൃഥ്വി എന്തല്ലെന്ന് പറയും ഒരു ശാസ്ത്ര സിദ്ധാന്തന്റെ പൊതുവെ ഇന്നത്തെ ആധുനിക ഫിലോസഫേഴ്സ് കാൽ പോപ്പറ പോലെയുള്ളവരൊക്കെ സ്വീകരിച്ചിരിക്കുന്ന ഒരു സിദ്ധാന്തമാണ് പഴയ കാലത്ത് മാത്രമുള്ള ഒരു ശാസ്ത്രത്തെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരിക്കലും അതിന്റെ അനുകൂല യുക്തികൾ മാത്രം തിരക്ക് പോയാൽ പിന്നാലെ പോയാൽ ഈ അനുകൂല യുക്തികളെന്ന് പറയുന്നത് എന്തായിരിക്കും പലപ്പോഴും അർത്ഥവാഹകരമായി സ്തുതിക്കുന്നായി സ്തുതി കൊണ്ട് നമുക്കൊരിക്കലും യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ പറ്റില്ല മനുഷ്യനെ അന്ധനാക്കട്ടെ രാജാവിന്റെ ഒപ്പിലും പണ്ട് പുരോഹിതന്മാര് സ്തുതിക്കനാണ് നീചന്ദ്രനാണ് ദേവേന്ദ്രനാണെന്ന് പറഞ്ഞാൽ രാജാവേന്ദ്രനാവും ദേവേന്ദ്രനാകും സ്തുതിക്കുന്നവർക്ക് എന്ത് സ്തുതിക്കനുകൂല യുക്തികൾ മാത്രം നമ്മൾ തിളക്കിപ്പോയി കഴിഞ്ഞാൽ ഒരിക്കലും ഒരു ശാസ്ത്രത്തിന്റെ ആധാർത്ഥം നമുക്ക് മനസ്സിലാകത്തില്ല അതുകൊണ്ടാണ് ഭാഷകാരം എന്ത് ചെയ്യുന്നത് പൂർവപക്ഷത്തെ കൊണ്ടുവന്നിട്ട് ഖണ്ടിക്കുന്നത് എന്ന് വെച്ചാൽ ഒരു സിദ്ധാന്തം എന്തല്ല എന്നുകൂടെ മനസ്സിലാക്കണം അതാണ് ഈ പറഞ്ഞ പോലെ മനസ്സിലാക്ക എന്താണെന്ന് മനസ്സിലാക്കിയ പോലെ എന്തല്ല മനസ്സിലാക്കണം പതിയോ എന്ന് പറയുന്നത് ശങ്കരാക്കു പറയുന്നത് അങ്ങനെ പലതരത്തിൽ ആൾക്കാരവും കൽപ്പനകൾക്കനുസരിച്ച് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞു അത് പലതായി പോയി അപ്പൊ നമുക്ക് എന്ത് ആണ് ശാങ്കര അദ്വൈതമെന്ന് മനസ്സിലാക്കണമെങ്കിൽ എന്തിനെ തന്നെ ആശ്രയിക്കണം എന്താ എന്തല്ല ശങ്കര ഭാഷയെന്ന് മനസ്സിലാക്കണമെങ്കിൽ എന്തിനെ ആശ്രയിക്കണം ഇതല്ല മനസ്സിലാക്കണം അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഞാൻ പൊട്ടനായോ എന്നുള്ള സ്വാമിയുടെ ബോധമൊക്കെ നഷ്ടപ്പെട്ടോ വയസ്സായപ്പം എന്ന് ചിന്തിക്കുന്നവരും ഉണ്ട് അതല്ല വൈദ്യറിന്റെ വിലാനും ആവശ്യമാണ് എന്തല്ലാന്ന് പറയുന്നത് അപ്പോ എന്തെല്ലാം വളരെ ഏത് കാര്യത്തിലും അങ്ങനെയാണ് വ്യാപൃത്തിൽ വ്യവഹാരമായ ലക്ഷണസ്യ പ്രയോഗം കേട്ടിട്ടുണ്ടാകും ഏ വ്യാപൃത്തി എന്ന് പറയുന്നത് പ്രധാന ഒരു വസ്തു ബോ എന്താണ് തിരിച്ചറിയുന്ന എന്ത് വേണം ബോ അല്ലാത്തതെന്നു കൂടെ തിരിച്ചറിയും ബോത്വ മാത്രം അറിഞ്ഞ പോരാ അതിനുവേണ്ടിയിട്ടാണ് ലക്ഷണം പറയുന്നത് അതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പോ ഒരിക്കലും ഒരു ശാസ്ത്രത്തിന്റെ അനുകൂല യുക്തികളെ മാത്രം നമ്മൾ തിരികെ പോയി കഴിഞ്ഞാൽ ആ ശാസ്ത്രത്തിന്റെ യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കാം അതിന്റെ പ്രതികൂല യുക്തികളെ കുറിച്ച് ചിന്തിച്ച് അതല്ല എന്നുകൂടെ മനസ്സിലാക്കാം സയൻസിന്റെ തിയറികൾ സയന്റിഫിക് തിയറി അത് ശരിയായിരിക്കണമെങ്കിലും അവിടെ ഫാൾസിഫിക്കേഷൻ എന്ന് പറയുന്ന ഒന്ന് ആവശ്യമാണ് അതുകൊണ്ട് അവിടെ ഇൻഡക്റ്റീവ് റീസൺ വിട്ടിട്ട് ഡിഡക്റ്റീവ് റീസണിംഗ് സ്വീകരിക്കണമെന്നൊക്കെ കഴപ്പവപ്പർ പറയുന്നതും ഇത് തന്നെയാണ് ഇതേ ആശയം അതെന്താണ് നിങ്ങൾ ഒരു വായിച്ച് മനസിലായി നിങ്ങൾ വിദ്യാഭ്യാസം ഉള്ളവരാണെന്നും കേട്ടിട്ടുണ്ടോ ഇതെന്തെങ്കിലും ആരെങ്കിലും ഇതേ ആശയം തന്നെയാണ് അപ്പൊ നമ്മള് അതിനുള്ള കണ്ടുപിടിക്കുന്നു എന്നാല് ആ ശാസ്ത്രത്തിന് ശരിയായ വികാസം ഉണ്ടാവും ആശാസ്ത്രത്തെ സംബന്ധിച്ച് നമുക്ക് ശരിയായ ഉക്കാഴ്ച ഉണ്ടാവും അതുകൊണ്ട് ഇതെല്ലാം അദ്വൈതമായിട്ടങ്ങ് പ്രചരിച്ചിരിക്കേണ്ടത് അതിലുള്ള പോരായ്മകൾ നമ്മൾ മനസ്സിലാക്കണം അങ്ങനല്ല അത് മനസ്സിലാക്കേണ്ടതെന്ന് കൂടെ മനസ്സിലാക്കണം അദ്വൈതത്തെ അങ്ങനെയല്ല മനസിലാക്കണം ഇവിടെ പറയുന്നത് ഈ ശരിയാണെന്നാണ് ശീത സമാധാനപൂർവമായ ശാന്തിപൂർണമായ സന്തോഷം മനസ്സിൽ നിലനിൽക്കുന്നതിനോട് മുക്തി എന്ന് പറയാം അതാണ് പക്ഷേ എന്താണ് പരിസ്പന്ദലപ്രാപ്തവും അല്ല അതൊന്നും അതെ പരിസ്പന്ദലപ്രാപ്തി പരിസ്പന്ദ്രുന്ന ശരീരചേഷ്ട നടക്കുന്നു നടന്നു കഴിഞ്ഞാൽ ഗ്രാമപ്രാപ്തി ഉണ്ടാകുന്നു പരിസ്പന്ദലപ്രാപ്തി നിശ്ചിതമാണ് പരിസ്പന്ദ്രുന്ന ആഹാരം കഴിക്കാൻ ആഹാരം കഴിച്ചുകഴിഞ്ഞാൽ തൃപ്തി ഉണ്ടാകുന്നു അത് പരിസ്പന്ദഫലപ്രാപ്തി ഇവിടെയൊക്കെ ഫലം ഉണ്ടാകുന്നത് എങ്ങനെയാണ് കർമ്മം കൊണ്ടാണ് അല്ലേ നിങ്ങൾ ഭക്ഷണം കഴിച്ചതിന്റെ തൃപ്തി ഉണ്ടാവും ഉണ്ടാവും പരിസ്പന്ദലപ്രാപ്തം പൗരുഷാദയാന്ത പറയും പൗരുഷം കൊണ്ടും മാത്രമാണ് ഉണ്ടാകേണ്ടത് പുരുഷന്റെ കർമ്മം കൊണ്ടാണ് ഉണ്ടാകേണ്ടത് എന്താണ് ശീതാധനം കൃതി ഹൃദയത്തിൽ മനസ്സിൽ ആ ശാന്തമായ ആനം ഉണ്ടാകേണ്ടത് പൗരുഷാദ് ഏവ ആ ഏവകാരൻ ഉപേക്ഷിച്ചിരിക്കും നമുക്ക് എങ്ങനെയും പ്രയാമായിരുന്നു അത് പറഞ്ഞത് വേറെ അർത്ഥത്തിലാണ് കാരണം വ്യാഖ്യാനിച്ച് ചെറുപ്പടുത്തുകാണെന്നുള്ള ആണെന്നു അങ്ങോട്ട് തൊഴിലില്ല ഞാൻ ഇനി തഥാ എന്നുകൂടെ പറഞ്ഞു വേറെ ഒന്നുകൊണ്ട് സാധിക്കും വേറെ ഒന്നുകൊണ്ട് സാധിക്കും പുരുഷ പ്രവൃത്തി കൊണ്ടേ സാധിക്കും എന്നാണ് ഭാഷകാരൻ പറയുന്ന പോകുക നിങ്ങൾ ഗീതാ ഭാഷ പറയാം അത് സാധിക്കുന്ന എന്ന് പറയും അപ്പൊ എവിടെ പോയി പറയുന്ന പുരുഷന്റെ പ്രയത്നം കൊണ്ടാണ് സാധിക്കുക ഭാഷകാരൻ പറയുന്നത് ഈശ്വരപ്രസാദം കൊണ്ടാണ് അപ്പൊ വേണമെങ്കിൽ എന്ന് പറയാം പുരുഷന്റെ പ്രയത്നം കൊണ്ട് ഈശ്വരപ്രസാദത്തെ നേടിയിട്ട് എന്ന് പറയാം അല്ലേ പക്ഷെ ഇവിടെ പോയി നാന്യത വെറന്തുകൊണ്ട് സാധിക്കും പിന്നെ പൗരുഷാദ് എന്ന് പറഞ്ഞ ഒരു ചെറിയ പ്രതീക്ഷയുണ്ട് ഒരു ചെറിയ കിരണം ഉണ്ടായിരുന്നു അതും അച്ചുടച്ചു അല്ലേ സമീപരിച്ചിവിടെ കൃത്യമായി എന്താണോ ശാസ്ത്രവിഹിതമായത് അതിൽ വരുന്ന അപകടങ്ങൾ ഇന്ന് ഞാൻ പറയാൻ പോവുകയാണ് ഞാൻ പറയുമ്പം ഞെട്ടിപ്പോകാതിരിക്കാൻ വേണമെങ്കിൽ ഇപ്പോഴേ ഞെട്ടിക്കോളൂ നേരത്തേ കൂട്ടി അത് ശരിയാവത്തില്ല പിന്നെ ഇതിന്റെ മുമ്പോട്ട് തന്നെ ഇതിന്റെ വ്യാഖ്യാതാക്കളെ വെള്ളം കുടിക്കുന്നുണ്ട് കാരണം വ്യാഖ്യാനിക്കുന്നവർക്ക് ഇതൊക്കെ അറിയാം ഈശ്വരപ്രസാദത്തെ അപ്പൊ എങ്ങനെ ഒഴിവാക്കും ഈശ്വരാനുഗ്രഹം പറയുന്നു ഒരാൾക്ക് ഒഴിവാക്കാം ഒരാത്മീയത എങ്ങനെ ഒഴിവാക്കും സംഖ്യന്മാർ വേണമെങ്കിൽ ഒഴിവാക്കും ബൗദ്ധന്മാർ വേണമെങ്കിൽ ഒഴിവാക്കും മീമാംസകർക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം അദ്വൈതിക്ക് ഒഴിവാക്കാൻ പറ്റില്ല ഒരിക്കലും ഒഴിവാക്കാൻ പറ്റത്തില്ല ഈശ്വരനും പരലും ഈശ്വരൻ ജീവനും ഒക്കെ ഒന്നെന്ന് പറയും പക്ഷെ ഈശ്വരാനുഗ്രഹം അത് എനിക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല നിരും അനുഗ്രഹം എന്ന് പറയുന്നത് അത് പറ്റില്ല അത് ഒഴിവാക്കാൻ പറ്റില്ല ഭഗവതി ശ്രുതി എന്ന് പറയുന്നത് ശ്രുതിയുടെ അനുഗ്രഹം എന്ന് പറയുന്നു അത് പറ്റും ഇതൊക്കെ ഈ മാമൂലങ്ങളെ എല്ലാം വിളിച്ചുകൊണ്ടാണ് അദ്വൈതം ഇങ്ങോട്ട് പോകുന്നത് എവിടെ ഉരുഷാദേവ തറപ്പിച്ചു പറയും ഇന്ന അന്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഇതൊക്കെ വേണമെങ്കിൽ ഞാൻ വ്യാഖ്യാനിച്ച് ശരിപ്പെടുത്താം പക്ഷെ ഈ പറയുന്നത് തന്റെ ശരിയെന്ന് വിചാരിച്ച് ഇതൊക്കെ അദ്വൈതത്തിന്റെ ഭാഗമാണ് ഇതൊക്കെ അദ്വൈതത്തിന്റെ മുഖ്യമായ സിദ്ധാന്തമാണെന്ന് കരുതുന്നവരെ തിരുത്താൻ അതുകൊണ്ടൊന്നും പറ്റത്തില്ല ഇത് വല്യ വിഭ്രാന്തിയാണ് ആൾക്കാരിൽ ഉണ്ടാക്കിയിട്ടുള്ളത് ഞാനിത്രപ്പിച്ചു കാര്യം ആദ്യകാലത്തൊക്കെ ഞാനും ഇതൊക്കെ വായിച്ചു നോക്കിയും ഇതിന് ഭ്രമിക്കുകയും ചെയ്ത ആളാണ് ഇതിന്റെ പഠനവും അന്വേഷണവും തുടങ്ങുന്ന സമയത്ത് ഇതൊക്കെ അന്വേഷിക്കുന്ന എല്ലാവരും പോലെ ഞാനും ഇത്തരം ഭ്രമങ്ങൾ ഇപ്പൊട്ട് കറങ്ങിട്ടില്ല അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത് ഇത് ഒരുപാട് വ്യാഖ്യാനിച്ചത് വേണമെങ്കിൽ നമുക്ക് ശരിപ്പെടുത്താം അതിലേളിപ്പം ഇത് അബദ്ധം മനസ്സിലാക്കുന്നതാണ് Hey, pavrisha pavrisha means karma. പൗരുഷ പൗരുഷ മീൻസ് കർമ്മ സോ ആത്മജ്ഞാനം മുക്തി ഇസ് നോട്ട് പോസിബിൾ ത്രൂ കർമ്മ ദാറ്റ് ഇസ് This kind of, Brahma? പിന്നെന്തായാലും ഞാനെന്താണ് സർവജ്ഞനായി ജനിച്ചയാളാണ് എനിക്കുണ്ട് ഞാനും നിങ്ങളെയൊക്കെ പോലെ തന്നെ വിവേക ചൂടാമണിയൊക്കെ പഠിച്ചു തന്നെ വന്നു അതിന്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ അതൊക്കെ ബ്രഹ്മണെന്ന് അന്ന് മനസ്സിലായില്ല പിന്നീടാ മനസ്സിലായി ശങ്കരഭാഷ്യത്തിലേക്ക് കയറിയപ്പോഴാണ് അർദ്വീതം എന്താണെന്ന് മനസ്സിലായത് ഏർ ഇത് വ്യാഖ്യാനിച്ച് ചെരിപ്പെടുത്തുന്ന കാര്യമല്ലല്ലോ ഞാൻ പറയാ വ്യാഖ്യാനിച്ച് ഞാൻ ഇത് ചെരിപ്പെടുത്തി തരാമെന്ന് പറഞ്ഞല്ലോ ഇതുണ്ടാക്കുന്ന ഭ്രമമാണ് ഞാൻ അതിനെ കുറിച്ച് ഞാൻ പറയാ ശരിയാക്കി മനസ്സിലാക്കി തന്നേ കേക്കട്ടെ ഷത്തെ കുറിച്ച് പറഞ്ഞു എടുത്തു എന്താ അത് ഞാൻ പറഞ്ഞു എന്താ അന്യത എന്നൊക്കെ പറഞ്ഞോ മനസിലായ അതായത് നിങ്ങള് മനസിലാകണം അടിസ്ഥാനപരമായി വരുന്ന തകരാർ എന്ന് പറയുന്നത് പുരുഷ പ്രയത്നം കൊണ്ട് സാധിക്കുമെന്ന് പറയുമ്പം അവിടെ ഭാഷകാരുടെ നിലപാടാണ് ഞാൻ പറയുന്നത് അവിടെ അടിസ്ഥാനപരമായി പറയുന്നത് എന്താണ് പുരുഷൻ അകർത്താവാണ് ഈ ബോധമാ വേണ്ടത് പുരുഷൻ എന്തെങ്കിലും ചെയ്യുന്നവനെന്നുള്ള ബോധമുണ്ട് മനസ്സിലായത് തന്നിൽ കർത്തൃത്വം ഇല്ല അതുകൊണ്ട് തന്നെ തന്നിൽ കർമ്മമില്ല എന്നാണ് ബോധിക്കേണ്ടത് ഏ സ്വരൂപത്തെ കുറിച്ചുള്ള ബോധം അങ്ങനെ വേണ്ടത് ആ ബോധത്തിൽ നിന്നാണ് എന്തുണ്ടാവുന്ന മുക്തി ഉണ്ടാവും സ്വരൂപത്തിൽ അതില്ലെന്നറിയണം അതാണ് ബോധശരിയായ ബോധം ആ ബോധമണ്ണത്തിന് കാരണമായിരിക്കുന്നത് ആ ബോധമുണ്ടാകുന്നതിനുള്ള മനസ്സിന്റെ ശുദ്ധി അതിനെ എന്തുപയോഗിക്കുന്നുള്ളൂ കർമ്മം അതും കർത്തൃത്വ ബുദ്ധിയോടുകൂടിയാണ് ആ കർമ്മം ചെയ്യുന്നതെങ്കിൽ അവിടെ ആ ശുദ്ധിയുണ്ടാകത്തില്ല അപ്പൊ കർത്തൃത്വത്തെ നിഷേധിക്കുക തന്നിൽ കർമ്മം ഉണ്ടെന്ന് ആ ബോധത്തോടു കൂടി കർമ്മം ചെയ്താൽ അതിന് വരുമ്പം തന്നെ മനസ്സിലാവും ഇവിടെ ഈ പറഞ്ഞു വരുന്നത് എന്താണ് വൈദിക കർമ്മങ്ങളെ കുറിച്ചാണ് വൈദിക ഉപാസനങ്ങളെ കുറിച്ചാണ് ഈ കർമ്മങ്ങൾ ഇവിടെ പറയുന്നത് കാമ്യ കർമ്മങ്ങളെ കുറിച്ചാണ് ഈ കർമ്മങ്ങളൊന്നും തന്നെ മുക്തിക്ക് ഉപകരിക്കുന്നതല്ല എന്തിനശുദ്ധിക്ക് വേണ്ടി വേണ്ടി വന്ന നിത്യ നൈവിദ്യ കർമ്മങ്ങൾ അനുഷ്ഠിക്കാം അതും എന്താണ് ഉപേക്ഷിക്കുന്നതെന്നുള്ളതാണ് ഭാഷകരണ്ട തുടരുന്നതെന്നുള്ള അപ്പൊ ഈ പൗരുഷ ശബ്ദത്തിന്റെ അർത്ഥം മനസ്സിലാക്കും എന്താണ് കർമ്മം എന്നാണ് എന്റെ അർത്ഥം ആ കർമ്മത്തിനൊരു പ്രാധാന്യം വന്നു അദ്ദേഹം പോയി ചിത്തശുദ്ധിക്ക് വേണ്ടി കർമ്മം ചെയ്യുമ്പോഴും അവിടെ പ്രാധാന്യം വരുന്നത് കർമ്മത്തെ കുറിച്ചുള്ളവന്റെ ഭാവനക്കാണ് കർമ്മയോഗം എന്ന് പറയുന്നത് എന്താണ് അതൊരു ഉപാസനയാണ് ആ കർമ്മയോഗം എന്ന് പറയുന്ന ഉപാസനയിലും അവിടെ പ്രാധാന്യം എന്തിനാണ് അവന്റെ ഭാവനക്കാണ് പ്രാധാന്യം അവന്റെ മനോഭാവങ്ങളാണ് പ്രാധാന്യം അതാണ് സിദ്ധാന്തം ഗിരി ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്ന ഈശ്വര അർപ്പണമായി ചെയ്യുക എന്നാൽ പറയുന്ന നടത്താണോ എന്നൊക്കെ വീണ്ടും ആവർത്തിക്കുന്നു ഇനി വരും നടത്തുന്നത് അത് കൂടുതൽ വ്യക്തമാവും പിന്നെ ശ്രവണ മനനങ്ങളുടെ കാര്യം പറയും അവിടെ ഒരാള് എന്താണ് നിത്യാ നിത്യവസ്തുവിവേകം യുഹാമുദ്ര ഫലഭോഗ എന്ന സമാധിഷക്ക സമ്പത്തി മമ്മൂക്ഷിപ്തം അവനാണ് എന്ത് സംഭവിക്കുന്നത് അധാദോ ബ്രഹ്മജിജ്ഞാസ എന്ന് മറന്നുപോയ അവിടെയാണ് അവിടെയാണ് ബ്രഹ്മജിജ്ഞാസം അവിടെ പിന്നെ കർമ്മത്തിന് യാതൊരു പ്രസക്തിയില്ല യാതൊരു തരത്തിലുള്ള പ്രസക്തിയോട് കർമ്മത്തിന് പ്രസക്തി വരണമെങ്കിൽ അവിടെ എന്ത് വേണം അവിടെ കർത്തൃത്വ ബുദ്ധി വരണം എന്നാലേ അവിടെ കർമ്മത്തിന് എന്തെങ്കിലും നിലനിൽക്കണം അപ്പോ ഈ ചിത്തശുദ്ധിക്ക് വേണ്ടി വിരക്തി ഉള്ള ഒരുവൻ ചെയ്യില്ല ശ്രവണ മനനായൊരു കർമ്മമേ അല്ല അശ്രോണ മനാദികൾ നിരന്തരം ചെയ്യുന്നത് എന്താണ് ആ കർത്താവന ബോധിപ്പിക്കുകയാണ് കർത്തൃത്വത്തെ കർമ്മത്തെ നിരാകരിക്കുകയാണ് തന്റെ സ്വരൂപം നിത്യ ശുദ്ധ ബുദ്ധ ബോധിപ്പിക്കുകയാണ് അവിടെ കർമ്മത്തിന് എന്താ പ്രസിദ്ധി അവിടെ കർമ്മത്തിന് യാതൊരു സാധ്യതയില്ല എന്താണ് ഇങ്ങനെ നമുക്കൊരു സംശയം വരും എന്താണ് ശ്രവണ മനണാദികളെല്ലാം കർമ്മമല്ലേ എന്നുള്ളത് നിങ്ങൾ എന്താണ് മറ്റൊരു പണി ഇല്ലാത്തത് കൊണ്ട് എന്നാ ശ്രവണവും മനനും ചെയ്തകളെയാന്ന് വിചാരിക്കുന്ന പോലെ ചെയ്യുന്ന ഒരു പ്രവൃത്തിയല്ല അതെന്താണ് തസ്തു എന്നുള്ള അതിന്റെ യഥാർത്ഥത്തെ ബോധിപ്പിക്കുക അവിടെ കർമ്മത്തിനും കസ്ത അപ്പോ അത് ബോധിപ്പിക്കുന്ന എന്താണ് തന്നിൽ മൂന്ന് കാലത്തിലും കുടത്തൃത്വം ഇല്ലാതെ കർമ്മവുമില്ല ഇതാണ് ബോധിപ്പിക്കുന്നത് അവിടെ എങ്ങനെയാണ് കർമ്മം വരും അതിനേക്കെങ്ങനെയാണ് കർമ്മം എന്ന് പറയും കർമ്മമേ അല്ല അപ്പോ അവിടെ നമുക്ക് പറ്റുന്ന എന്താണ് നമ്മൾ അദ്വൈതത്തെ കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുമെങ്കിലും എന്തെയ്യുന്നുണ്ട് ഇറങ്ങുമ്പോ അത് മറന്നു വിസ്മരിച്ചു തത്വബോധം എന്ന് പറയുന്നത് നമ്മൾ ദഹിച്ചു ചേരാതെന്നാണ് അത്തരം സംശയങ്ങളൊക്കെ വരുന്നത് അത് കർമ്മമല്ലേ ജിജ്ഞാസ നിവൃത്തി ജിജ്ഞാസ നിവൃത്തി എന്താണ് ദൃഢബോധം നിശ്യാത്മികമായ ബുദ്ധി വരുമ്പോഴാണ് എന്താണോ അവന് വിജ്ഞാസം നോക്കിയിരിക്കുന്നത് അതുവരെയും അവൻ എന്താണോ അകർത്താവായ ആത്മാവിനെ തന്നെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷെ അജ്ഞാനത്തില് ദോഷങ്ങൾ വരുന്നു എന്താണോ സംശയവും കാര്യങ്ങളെല്ലാം നമ്മൾ എത്രയോ ചർച്ച ചെയ്ത വീണ്ടും കേൾക്കേണ്ട ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് നിങ്ങൾ ഈ ക്ലാസ്സിൽ നിന്നും ചോദിക്കേണ്ട ചോദ്യങ്ങളല്ല ചോദിക്കുന്നത് എന്താണ് ചോദിക്കുക എപ്പോഴെല്ലേ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾ ഇപ്പോഴും എൽ കെ ജിയിലാണ് ആ ശരി അതുപോലെ ഇതാണ് കേവലമായ കർമ്മത്തിൽ നിന്നും മറ്റൊന്നും നിന്നും എന്തുണ്ടാകുന്നത് ഉള്ളിലാഹ്ലാദം ഉണ്ടാവും എങ്ങനെയുള്ള ആഹ്ലാദം ചീത്തളാക്കും ആർക്ക് ജീവൻ മുക്തർ ഇനി കർമ്മത്തെ കുറിച്ച് പറയുന്നത് ആ രീതിതാകും ബോധമുണ്ടെങ്കിൽ മനസ്സിലാക്കി ഇല്ലെങ്കിൽ വിട്ടുകളി ഇതേ എനിക്ക് പറയാം അപ്പോ ഇത് ഇതൊന്നുമല്ല എന്തോന്ന് മനസ്സിലാവും അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു എന്ന് മനസ്സിലായി അത് ചർച്ച ചെയ്തു അല്ലെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യുന്നു നിങ്ങൾ പൊതുവെ വായി നോക്കികളായിരുന്നുണ്ട് ഇവിടെ എന്തൊരു പ്രഭാഷണം കേട്ടുകൊണ്ട് ഞാൻ പോകുന്നു ഇതാണ് ശരി പുറത്തിറങ്ങി ആനിന്റെ ചോട്ടിലെ ഏകദേശം സ്വാമിമാരും എന്തൊരു പ്രഭാഷണം നിങ്ങൾ അവിടെയും പോയി വായി നോക്കി എന്ന് പറയും ശരി എന്നിട്ട് പറയും ഒരു മണ്ടം വന്ന് നമ്മളെ ആ കുഴപ്പിച്ച് എന്ന് നിങ്ങൾ ധരിക്കുകയും ചെയ്തു അതുകൊണ്ടാണ് എന്തല്ലാന്നെ മനസ്സിലാക്കുന്നത് മനസ്സിലായത് നല്ല കടുത്ത ഭാഷ വഴി നിങ്ങളുടെ തലയ്ക്ക് കയറാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ചെവിയിൽ ആ ദ്വാരം കുറച്ചുകൂടെ വികസിക്കാൻ വേണ്ടിട്ടാണ് ശക്തമായ ഭാഷയിൽ പറയും അപ്പൊ എന്തല്ലാന്ന് ഇതൊക്കെ എന്താണ് ഇതിൽ നിന്നങ്ങൾ വളരെ കഷ്ടപ്പെട്ട് വ്യാഖ്യാനിച്ചെന്നെങ്കിലും ശരി കണ്ടെത്തിയാൽ പോലും ഇതുണ്ടാക്കുന്ന വിഭ്രാന്തിയിൽ നിന്നൊക്കെ ഒരിക്കലും മോചനം ഉണ്ടാവും അതാണ് പലരും പറയുന്നത് ഒരു ഗ്രന്ഥം ഇതുവരെ വായിച്ചിട്ടില്ല പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇനി കർമ്മത്തെ കുറിച്ച് പറയുന്നത് മനസ്സിലാവും കർമ്മം കൊണ്ട് എന്താണ് ഈ പറയുന്ന ആനന്ദം കൊണ്ടാകുന്ന ഒരു ഒറ്റ വഴിയോ എന്താണ് എന്താണ് വഴി കർമ്മയോഗം കൊണ്ട് അത് നമുക്ക് മനസ്സിലാവും കർമ്മയോഗത്തിൽ വരുമ്പോ തന്നെ കർമ്മത്തിന്റെ കഥ കഴിയും അവിടെ തന്നെ എന്താ പറയുന്ന കർമ്മയോഗങ്ങളുണ്ട് ആ കർത്തൃത്വത്തെ തയ്ക്കാൻ പറയുകയാണ് കർത്തൃത്വത്തെ തയ്ച്ചു കഴിഞ്ഞാൽ പിന്നെ എവിടെയാ കർമ്മം പിന്നെ കർമ്മമേ അതുകൊണ്ടാണ് ഭാഷ്യത്തിന്റെ ആമുഖത്തിൽ ലീലാഭാഷ്യത്തിന്റെ ആമൂഹത്തിൽ ഭാഷകാലം കഴിഞ്ഞു ഭഗവാന്റെ കർമ്മത്തെങ്ങൾ കർമ്മമായി കരുതരുത് കർമ്മമേ അല്ല എന്ന് പറയും അദ്വൈതത്തിന്റെ ഞാൻ പറയും ജനകന്റെ കർമ്മത്തെക്കുറിച്ച് പറയുമ്പോഴും ഇതേ കാര്യം തന്നെ പറയും എന്താണ് കാരണം കർമ്മം അല്ല എന്നാണ് അപ്പൊ കർമ്മയോഗത്തിൽ വരുമ്പോൾ തന്നെ എന്താണ് അവിടെ കർമ്മത്തെ കർമ്മം അല്ലാതാക്കുകയാണ് പിന്നെ കർമ്മം കൊണ്ട് ആഹ്ലാദനം എന്ന് പറയുന്ന അർത്ഥം ഇക്കാര്യം ശരിയല്ലാത്തതിനോട് എന്താണ് എന്തായാലും ശരി എന്റെ നിലപാട് വളരെ നിർദ്ദാക്ഷണ്യമായ നിലപാടാണ് അതാരായാലും ശരി അവിടെ എന്റെ ഭാഗത്തുനിന്ന് യാതൊരു തരത്തിലുള്ള എന്താണ് ദയവുകൊണ്ടാണ് അതുങ്ങള് പ്രതീക്ഷിക്കരുത് അവരൊക്കെ വലിയ സ്വാമിമാരാണ് അങ്ങനെയൊക്കെ പറയാമോ എന്ന് ചോദിച്ചാൽ അമ്പുറേ എന്റെ അപ്പുറം അടൂരദേവവും തത്വത്തിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല അതുകൊണ്ടാണ് അതുകൊണ്ട് ഞാൻ ആരുടെയും മൂന്ന് മൂപ്പം മൂത്തു പറയാൻ പേടിക്കും നിങ്ങളെയൊക്കെ തന്നെ എനിക്ക് പേടിയാണ് അങ്ങനെയുള്ള അപ്പൊ തത്വത്തിലും യാതൊരു വിട്ടു വീഴ്ചയും പാടില്ല അത് അത് തന്നെയായിരുന്നു എന്താണോ അതിന്റെ ശരി നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് അങ്ങനെ തന്നെ മനസ്സിലാക്കണം പറയാം പിന്നെ വിട്ടുവീഴ്ചയുണ്ട് യാതും അത് ഏത് പറ്റിയ വസ്തുവായും ആരെഴുതി അനുസരിച്ച് ഭാഷകാര്യങ്ങൾ എന്ത് ചെയ്തു ജൈമിനിയെ നിഷേധിച്ചില്ലേ പ്രണാദിനെ നിഷേധിച്ചില്ലേ കപിലനെ നിഷേധിച്ചില്ലേ ഗൗതമനെ നിഷേധിച്ചത് സദ്രസ്വാമി നിഷേധിച്ചത് എത്ര പേരെ നിഷേധിച്ചു അവർക്ക് ഋഷിമാരല്ലേ എല്ലാവരും ഋഷിമാരാണ് അപ്പോ തത്വ നിശ്ചയത്തിൽ ചേരുമ്പോൾ നമുക്കെല്ലാം നിഷേധിക്കും ആരോടും ദൈവം ജൈവിക്കാൻ പറ്റില്ല പൗരു പരിസ്ഫലപ്രാപ്തവും പൗരുഷാദേവനാത പൗരുഷം സ്ഥന്ത ഫലവൃഷ്ടം പ്രത്യക്ഷതവുമായി സ്പന്തം പറഞ്ഞല്ലോ ശരീരചേഷ്ട്രീ സ്പന്തവും താർക്കികം വരുന്ന ടീവാക്യെന്ന് വേണ്ടി സ്പന്തം ശരീരചേഷ്ട എന്നാണ് എൻ്റെ അർത്ഥം സ്പന്ത സ്പന്ദഫലമെന്ന് പറയുന്നത് എന്താണ് ഭക്ഷണം കഴിക്കുന്നു തൃപ്തി വരുന്ന നടക്കുന്നു ലക്ഷ്യത്തിലെത്തിച്ചൊക്കെ സ്പന്ദഫലങ്ങളാണ് ഇതുപോലെ പൗരുഷം പ്രത്യക്ഷത നയദൃഷ്ടം പൗരുഷമെന്ന് പറയുന്നത് ഫലത്തെ ഉണ്ടാകുന്നു നയത്തെന്ന് പറഞ്ഞ നീങ്ങി പ്രാപണയാണ് പ്രാപിപ്പിക്കുന്നതായി എന്തിനെ ഫലത്തെ കാണപ്പെടുന്നു എന്നാണ് പൗരുഷം ഈ പറയുന്നതിൽ കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ പൗരുഷം പ്രയത്നം ഈ ശരീരക്രിയ ഫലത്തെ നൽകുന്നതായി കാണുന്നുണ്ടെന്ന് പറയുന്നതിൽ കുറച്ച് ശരിയുണ്ട് പക്ഷെ അവിടെ ഈ പൗരുഷ ദേവ എന്ന് പറയാൻ അവിടെ അവിടെയാണ് പ്രശ്നം പ്രയത്നിക്കുന്ന ഫലമുണ്ടാകും നല്ലവണ്ണം പഠിക്കുന്ന കുട്ടിക്ക് ഫുള് എ പ്ലസ് കിട്ടും അതെന്താ സംശയം പക്ഷെ അത് പൗരുഷാദെന്ന് പറയുന്നത് പൗരുഷമാണ് പ്രയത്നം കൊണ്ട് തന്നെയാണ് കാരണം ഇവിടെ ഒരു കാര്യവും പ്രാപഞ്ചികമായ ഒരു കാര്യവും ഒരു കാരണത്തിൽ നിന്നുണ്ടാകട്ടെ തർക്കികമായി സംഭവിക്കുന്ന കാര്യമാണ് സ്വകാര്യ കാരണമുണ്ട് കാരണമുണ്ട് പിന്നെ ഉപാദാന കാരണമുണ്ട് പിന്നെ പിന്നെ എന്താണ് സഹകാരി തന്നെ നമ്മൾ അറിയുന്നതും അറിയാത്തതുമായ ഒരുപാട് കാരണങ്ങളുണ്ട് ഈ അറിയാത്ത കാരണങ്ങളെല്ലാം കൂടി ചേർത്തിട്ടാണ് അവർ പറഞ്ഞ അദൃഷ്ടം അപ്പൊ ഇങ്ങനെ നിരവധി കാരണങ്ങൾ കൂടി ചേർന്നാൽ ഒരു കാര്യം ഉണ്ടാകും അപ്പൊ ഏതെങ്കിലും ഒന്നിൽ നിന്ന് ഫലം ഉണ്ടാകുക പുരുഷന്റെ കർമ്മം അതിൽ നിന്ന് തന്നെ ഫലം ഉണ്ടാകുക അതൊരിക്കലും നടക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാത്ത ഒരുപാട് കാരണങ്ങളുണ്ട് ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്ന എൻ്റെ കർമ്മമാണ് അപ്പോൾ ഞാൻ അവിടെ നിന്ന് നടന്ന് ഇവിടെ വന്നതുകൊണ്ടാണ് ഇത് നടക്കുന്നതെന്ന് പറയാൻ പറ്റും ഞാൻ ജീവിച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇത് നടക്കുന്നതെന്ന് പറയാൻ പറ്റുമോ എന്റെ ആരോഗ്യം ശരിയായതുകൊണ്ടാണ് നടക്കുന്നതെന്ന് പറയാൻ പറ്റുമോ നിങ്ങളെനിക്ക് പെർമിഷൻ തന്നതുകൊണ്ടാണ് ഇത് നടക്കുന്നതെന്ന് പറയാൻ പറ്റുമോ നിങ്ങളെല്ലാം മുമ്പ് എത്രയോ സംഭവങ്ങളുണ്ട് ഇതിനകത്ത് നിരവധി കാരണങ്ങളുണ്ടായത് എനിക്കിവിടെ ഇരുന്ന് സംസാരിക്കാൻ പറ്റൂ അല്ലേ ഇന്ന് ഇങ്ങോട്ട് പറയണം അനൗൺസ് ചെയ്യണം ഇനി അടുത്ത ക്ലാസ് ബുധനാഴ്ച ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ എനിക്ക് വരാൻ പറ്റുവോ പറഞ്ഞു നിങ്ങൾക്ക് വേറെ പണിയുണ്ട് നിങ്ങൾക്ക് സമയമില്ലാത്തമാരെ ഒരു പണിയില്ലാത്ത മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യൂ എന്നെ വിളിക്കുന്നു ഞങ്ങൾക്ക് വേറെ പണിയുണ്ടെന്ന് വിളിച്ചതിരിക്കുന്നതൊന്നും പറയാൻ പറ്റുമോ പറ്റൂ അങ്ങനെ നിരവധി കർമ്മങ്ങൾ ഉണ്ടായാലോട് ഈ ഒരു ചെറിയ പ്രവൃത്തിയാണ് ഉള്ളത് അപ്പൊ പിന്നെന്താണ് പൗരുഷാദയോ പുരുഷ കർമ്മം കൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു കാര്യം സാധിക്കുന്ന എന്റെ അർത്ഥത്തില പറ ഇതിന്റെ അവസാനം വരുന്ന ആവർത്തിച്ച് പറയും ഇവിടെ മാത്രമേ പറയൂ അങ്ങനെ പറയാൻ പറ്റില്ല ഇനി വേറെ എന്ന് വരെ കട്ടിലം മോഹിലെ മന്തയോ ദൈവം ഇഞ്ചി നമിക്കതേ ദിസ്ഇസ് യുവർ ലാസ്റ്റ് ഡേയ്സ് ക്വസ്റ്റ്യൻ ദൈവം എന്താണ് വിധി ഭാഗ്യം ഭാഗതേയം അല്ലെങ്കിൽ പൂർവ്വകർമ്മം മറ്റെന്തെങ്കിലും അതുകൂടെ സഹായിക്കുമോ അങ്ങനെയൊന്നില്ലെന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ കർമ്മം മാത്രം ദൈവം ഇഞ്ചി നമിക്കതേ അങ്ങനൊന്നില്ല അതെന്താണ് കല്പിത മോഹിതർ മന്ത മന്ദന്മാർ ബ്രഹ്മമുള്ളവർ കൽപ്പിച്ചതാണെന്ത് ദൈവം ഭാഗ്യം ഭാഗതൈവുമെന്നൊക്കെ പറയും ഈ ശരിയാവും നിങ്ങൾക്കതിന് ഭാഗ്യമെന്നോ ഭാഗധൈമെന്നോ ദൈവമൊന്നോ പൂർവകർമ്മ ബലമെന്നോ അതിന്റെ സ്വാധീനമെന്നോ അതൊന്നും പറയണ്ട പക്ഷെ ഒരു കാര്യം നോക്കാൻ അംഗീകരിക്കേണ്ട ഒരു എന്താണ് നമ്മുടെ ജീവിതത്തിൽ ആക്സിഡന്റലായും പലതും സംഭവിക്കും ഇല്ലാന്നാണെങ്കിൽ എന്ന് പറയാൻ പറ്റും യാതൃ ചികൾ ജീവിതത്തിൽ സംഭവിക്കുന്നു നമ്മുടെ പ്രതീക്ഷകള് നമ്മുടെ കണക്കുകൂട്ടലുകൾ നമ്മുടെ പ്രവൃത്തി ഇതിനൊക്കെ അപ്പുറമായിട്ട് നമ്മുടെ ജീവിതത്തിൽ പലതും സംഭവിക്കുന്നു നമുക്കറിയാത്ത കാരണം അതാർക്കും നിഷേധിക്കാൻ പറ്റും അങ്ങനെ ഒന്നും ഇല്ലെന്നാ പറയുന്നത് അതിന്റെ പേരിലല്ല എന്താണ് സംഭവിക്കുന്നത് പൊറോ ജന്മത്തെ അംഗീകരിക്കില്ല പൂർവകർമ്മഫലം അതൊന്നും പറയില്ല പക്ഷെ എന്തോ സംഭവിക്കുന്നുണ്ട് നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നതെന്നും അറിഞ്ഞിരുന്നാലേ മനസ്സിലാക്കാൻ പറ്റും ഇപ്പോൾ ആകാശത്ത് നിന്ന് ഒരു ക്ഷുദ്രഗ്രഹം വന്ന് ഈ ഭൂമിയിൽ ഇടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പൗരുഷം കൊണ്ട് നമ്മൾ നേടാൻ പോകുന്ന ഒക്കെ നേടാൻ പറ്റും നമ്മൾ കൊണ്ടു വന്ന് ഇടിപ്പിക്കുന്ന ആളാണ് നമുക്കറിയാമോ എന്തുകൊണ്ടാണ് അത് വന്നിടിച്ചു തോന്നുന്നു വന്നുകൊണ്ടിരിക്കുകയാണ് വാണിംഗി വന്നു കഴിഞ്ഞാൽ നാസയിൽ നിന്ന് വാണിംഗി ഉണ്ടാവും അടുത്തുകൊണ്ടിരിക്കുകയാണ് ഓരോ ട്രക്കിന്റെ വലിപ്പമുള്ളവരെ ക്ഷത്രം വന്നിടിച്ചു കഴിഞ്ഞാൽ ഭൂമിയുടെ ഏകദേശം കാൽ ഭാഗത്തു അത്ര അരക്ഷി അരക്ഷിതാവസ്ഥയിൽ നമ്മൾ കഴിയും നിരീക്ഷിക്കുകയല്ലാതെ നമുക്ക് തടയാനുള്ള ഒരു സാങ്കേതികവിദ്യയും മറ്റല്ല ഇപ്പൊ ഒന്നുമില്ല നിരീക്ഷിക്കാൻ അത്രയും അറിയും അമേരിക്കക്കാർക്ക് ബുദ്ധിയുള്ളതുകൊണ്ട് നമ്മൾ അറിയും അപ്പൊ പിന്നെ ഒന്നും മനുഷ്യന്റെ പൗരുഷം കൊണ്ടെല്ലാം നടക്കും എന്ന് പറയുന്നതിൽ എന്താ അർത്ഥമാണോ കൊറോണ ഒന്നല്ല നമ്മളെല്ലാം പൂട്ടി സ്കൂള് പൂട്ടി ആശുപത്രി പൂട്ടി കൂട്ടാൻ വെള്ളപ്പൊക്കം വാങ്ങും ഇതൊക്കെ എന്താ അവിടെയൊക്കെ നമ്മുടെ പൗരുഷം വിജയിച്ച പിന്നെ നമ്മള് അതിന് അതിന്റെ കെടുപ്പിൽ കുറെയൊക്കെ അനുഭവിച്ച് പിന്നെ നമ്മളെ പൗരുഷം നമ്മൾ ഉപയോഗിക്കുന്നു എല്ലാം നാം പറയുന്നു പക്ഷെ എവിടെയാണോ നമ്മൾ പരാജയപ്പെട്ട ഒരു ഭാഗമാണ് അവിടെ നമ്മുടെ പൗരുഷം പരാജയപ്പെട്ടിട്ടാണ് അപ്പൊ പൗരുഷം കൊണ്ട് എന്ന് പറയുന്നതിലും അർത്ഥം ദൈവം യുദ്ധത്തിൽ നിക്കതേ അങ്ങനെ ഒന്നില്ല എന്ന് പറയുന്നത് ശരി നമുക്ക് അംഗീകരിച്ചേ അപ്പൊ എന്താണ് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ സ്വാധീനിക്കുന്നതെന്ന് ശരിക്കും അറിയില്ല ഇന്നും കൃത്യമായിട്ടറിയില്ല പഴയ നമ്മുടെ ആചാര്യന്മാർക്കും അറിയില്ല അതുകൊണ്ടാണ് അവരെന്ത് പറഞ്ഞത് ഏ ഏ അദൃഷ്ടമെന്ന് പറഞ്ഞു പൂർവ്വജന്മെന്ന് പറഞ്ഞു അതൊക്കെ അറിവില്ലായ്മ കൊടുത്ത പേരുകളാണ് അറിയില്ല എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നു മനുഷ്യരിൽ തന്നെ അവരോട് വൈചര്യങ്ങളും അവരുടെ ബുദ്ധിയിലും ശക്തിയിലും ഒക്കെ ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു ഒരുത്തരണ്ടവരെന്ന് പറഞ്ഞോ കൂടെ ജന്മീ അതിഷ്ടീകരിച്ചേ പറ്റും നമ്മളതിനൊക്കെ ശരിയായ ഒരു സമാധാനം കണ്ടെത്തുന്നത് വരെ ദൈവം ഇതൊക്കെ അംഗീകരിച്ചേ പറ്റും െന്ത് പേര് കൊടുത്താലും പക്ഷെ ഇന്ന് ഞാൻ പറയും പൂർവ്വജന്മൊന്നും ഇല്ലാന്ന് പറയാൻ സങ്കടം വരും ൂമി രൂപപ്പെട്ട് ഒരു നാലര കോടി വർഷം മുമ്പ് വരെ ഇവിടെ സൈനോ ഒരു സാധനമില്ല അത് രൂപപ്പെട്ടു വന്നതിന് ആദ്യമായിട്ട് നമ്മുടെ അന്തരീക്ഷത്തിൽ ഓക്സിജൻ ഓക്സിജൻ വന്നതിന് ശേഷമാണ് എന്തുണ്ടാകുന്നത് ഏകകോശ ജീവിയും അതിനു മുമ്പ് ജീവൻ ഉണ്ടായിട്ട് വേണ്ടി പുനർജന്മം ഉണ്ടാകും അപ്പം പിന്നെ സൈനോ ബാക്ടീരിയ നിങ്ങളുടെ എന്താണ് ജന്മം വരുന്ന നിങ്ങളെ ആരെങ്കിലും സൈനോ ബാക്ടീരിയ പുനരുടെ ജന്മത്തിൽ ിക്കുന്നവരോട് ഞാൻ ചോദിക്കും ഓക്സിജൻ ഇല്ലെങ്കിൽ ജീവൻ നിലക്കത്ത് ജീവൻ നിലക്കുന്നതിന് പല കാരണങ്ങളും വേണം ഒന്നുമില്ലാത്തൊരു ജീവൻ നിലക്കത്തില്ല ജീവൻ നിലക്കണമെങ്കിൽ എന്ത് വേണം നമ്മുടെ പോലുള്ള ജീവൻ നിലവണമെങ്കിൽ തീ വേണം തീ ഫയർ അവൻ എങ്ങനെ ജീവിതം നടക്കുന്നു എന്തുകൊണ്ട് എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഇവർക്ക് പഠിപ്പുള്ളവരല്ലേ മനുഷ്യൻ ഇതുവരെ ഈ ഫയർ എന്ന് പറയുന്ന മാത്രമേ കണ്ടിട്ടുള്ളൂ പിന്നെ ഉണ്ടെന്ന് പറയാൻ എന്താണ് സ്പേസിൽ ചില പരീക്ഷണശാലകളുണ്ടല്ലോ അവിടെയുണ്ട് ചേരത്ത് ഫയർ കണ്ടിട്ടുണ്ട് എന്തുകൊണ്ട് ഫയർ കിണമെങ്കിൽ ഫ്യൂവൽ പ്ലസ് വോട്ടോ പ്ലസ് ടി വി മൂന്നും വീണു പോക്സി ഇല്ലാത്തടത് ഫയറുണ്ടാകട്ടെ പോക്സിടെ അടുത്തേക്ക് ജീവനുണ്ടോ അവിടെ ഫയറുണ്ട് ഫയറും വീണമോ ജീവൻ നിലകുന്നു പിന്നെ നിങ്ങൾ എവിടെയാണ് മനുഷ്യൻ കണ്ടെത്തിയ കാര്യം പറയും നിങ്ങളുടെ മൂഢവിശ്വാസങ്ങളെ കുറിച്ച് തന്നെയാണ് അപ്പോ മനുഷ്യനെ അറിവില്ലാത്തതുകൊണ്ട് മനുഷ്യൻ കാര്യങ്ങളും സങ്കല്പിച്ചു വെച്ചു അതുകൊണ്ട് ദൈവം വിഞ്ചുന്ന വിദ്യതേ പറയുന്നത് അബദ്ധമാണ് അങ്ങനെ പറയാൻ പറ്റും ഇനി മുമ്പോട്ട് ചെയ്യുമ്പോൾ പറയും കേട്ടോ ും അതും പറയും ഇപ്പൊ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും കാരണം ഇതങ്ങനെയൊക്കെ പറഞ്ഞ് പോകാൻ പറ്റത്തില്ലല്ലോ ചോദ്യങ്ങൾ വരുമല്ലോ പുനർജന്മത്തെ ഇവിടെ നിഷേധിക്കാൻ പറ്റും പറ്റില്ലല്ലോ പുനർജന്മത്തെ നിഷേധിച്ച് അതിന് പോലെ വേറെ എന്തെങ്കിലും കൊണ്ടുവന്നു എന്താണ് ജീവപരിണാമത്തെ കൊണ്ടുവരേണ്ടി അത് ഇവർക്കറിയില്ലല്ലോ പുണജന്മത്തെ അംഗീകരിക്കുമ്പോൾ ഇവിടെ ദൈവത്തെ അംഗീകരിക്കും മുമ്പോട്ട് കിട്ടുന്നു എല്ലാം നമ്മൾ പറയും പക്ഷെ വീണ്ടും പറയും എന്താണ് ആ ദൈവത്തെയും പൗരുഷം കീഴ്പ്പെടുത്തും അതിജീവിക്കും പൗരുഷത്തിനാണ് ബലമെന്ന് പറയും പൗരുഷന്റെ കർമ്മത്തിനാണ് ബലവും ഇനി ദൈവം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് അത് മുമ്പ് ചെയ്ത കർമ്മമല്ലേ ഇവിടെ ജന്മത്തിൽ ചെയ്ത കർമ്മമല്ലേ പൗരുഷം അപ്പൊ അവിടെയും കർമ്മത്തിനെ പ്രാധാന്യമുണ്ട് അതിന്റെ ഈ കർമ്മത്തിനോ ആ കർമ്മത്തിനോ പ്രാധാന്യം എന്ന് ചോദ്യം വരും വീണ്ടും ഈ കർമ്മത്തിനാണോ പ്രാധാന്യം ആ കർമ്മത്തിനല്ല എന്ന് വീണ്ടും അവർക്ക് ഉദാഹരണ സഹിതം എനിക്ക് പറയും യത് മനോകവിചേഷ്ഠിതം തത് പൗരുഷം തത് സഫലം അന്യത് ഉന്മത്തജ്യേഷ്ഠിതം സാധുപതിഷ്ഠ മാർഗമാണോ സാധുപദേഷ്ടമാർഗം എന്ന് പറയുമ്പോഴത്തേക്ക് എങ്ങനെ സദ്ശാസ്ത്രങ്ങൾ അല്ലെങ്കിൽ ഈ ശാസ്ത്രങ്ങളുടെ താല്പര്യം മനസ്സിലാക്കിയ സ്മൃതികർത്താക്കൾ പുരാണകർത്താക്കൾ കർമ്മകാണ്ടം നിർമ്മിച്ചവർ പ്രചരിപ്പിച്ചവർ അവരെല്ലാം പറയുന്ന മാർഗത്തിലൂടെ ഇതൊക്കെ ശാസ്ത്രം എന്ന് പറയുമ്പോൾ സയൻസ് എന്ന് പറയുന്നത് പഴയ ശാസ്ത്രങ്ങളെ കുറിച്ചാണ് പറയുന്നത് മനോഹര വിശേഷിച്ചിട്ടും മനസ്സിന്റെ ശരീരത്തിന്റെ കൃത്യമായി പറയു പൗരുഷത്തിന് വേറെ അർത്ഥമൊന്നും പറയാം പൗരുഷത്തിന് അങ്ങനെ ഒരർത്ഥമുണ്ട് ഗുണവചനം ബ്രാഹ്മണാദി കർമ്മണിതർ അവിടെ ഷല്യപ്രത്യവും കണ്ടുപ്രഥിക്കുന്നതാണ് ബ്രാഹ്മണാദി ആകൃത്തിനാണ് അതിൽ തന്നെ ഏത് ശബ്ദത്തിൽ നന്നുപ്രതിയും വരും പോലെയുള്ള ശബ്ദങ്ങൾ ഉണ്ടാകും ഞാനിവിടെ വിശദീകരിച്ചു പറയു പാണിനീയം തന്നെ വേണമെന്നുണ്ടവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ആ സൂത്രം ഇത് ഗുണവചനം ബ്രാഹ്മണാദി കർമ്മണിച്ചർ എന്നിട്ടത് കാ നിങ്ങളൊരു വടിയോടെ കുറക്കൊണ്ടു വയ്ക്കും ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോ നിങ്ങള് ഇത്തരം പറഞ്ഞ നിങ്ങൾക്ക് ആ വടിയെടുത്ത് തന്നെ അടിക്കാം എന്തിനാ ഞാനിത് പഠിപ്പിച്ച പഠിച്ചത് നല്ലതെന്ന് ചെയ്തെന്നറിയില്ല അതാ വേറെ പറയാനും സാധ ഉപദിഷ്ടമാക്കിയിരുന്നു അങ്ങനെയുള്ള എന്താണ് ശരിയായ മാർഗത്തിലൂടെ മനോമ വിചാരി മനുഷ്യന്റെ പ്രവൃത്തി തത് പുരുഷ അതാണ് പൗരുഷവും തോന്നുന്നത് മനുഷ്യന്റെ പ്രവൃത്തി തന്നെയാണ് പൌരുഷ മനുഷ്യന്റെ കർമ്മം തന്നെയാണ് പൊരുഷ തദ്സഫലം അത് സഫലമാണ് അന്യം ഉന്മത്ത ജേഷ്ഠ ബാക്കിയുള്ളതെല്ലാം ഉന്മത്ത ജേഷ്ഠ ഭ്രാന്തന്മാരുടെ പണിയാണ് നിങ്ങൾ ബാക്കി എന്തെങ്കിലും എന്താണ് ദൈവം അങ്ങനെ ചെയ്തിരിക്കാൻ വേണ്ടി പറയും മാത്രമേ ഉള്ളൂ അതിന് ഇനി വരുമ്പോൾ പറയുന്നു ഈ ജന്മത്തിലെ തവണ എന്ന് തന്നെ പറയും വേറെ ഒന്നിനും ഇവിടെ അംഗീകരിക്കുന്നില്ല ഇതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊരു ഒരു മോട്ടിവേഷണൽ സ്പീച്ചായിട്ടെടുത്താന്ന് ഞാൻ തുടങ്ങിയപ്പോഴേ പറഞ്ഞു എന്താണ് എല്ലാവരും പ്രവർത്തിക്കണം പ്രവൃത്തിയിലേക്ക് ആൾക്കാരെ ഉത്സാഹിപ്പിക്കുന്നു പക്ഷെ പഴയ രീതിയിൽ എങ്ങനത്തെ രീതി പഴയ രീതിയിൽ എന്തെയും മനുഷ്യനെ ഈ പ്രവൃത്തിയിലേക്ക് അങ്ങനെ പ്രേരിപ്പിക്കാൻ വേണ്ടി അർത്ഥവാദങ്ങളും പറയുന്നില്ല കള്ളങ്ങളും പറയും കള്ളം പറഞ്ഞിട്ട് എന്തെയും അസത്യം പത്മനിസ്ത്യത്വ തദസത്യം ഇതൊക്കെ പഴയ ഞാൻ ഇന്നങ്ങനെ അതിൽ കാര്യങ്ങളും അവന് പ്രവൃത്തിയിലേക്ക് നിങ്ങൾ പ്രേരിപ്പിക്കണമെങ്കിൽ അത് ബോധമുള്ളവനാണെങ്കിൽ അവനോട് എന്ത് തന്നെ പറയേണ്ടി വരുന്നു സത്യം തന്നെ പറയേണ്ടി വരും ബോധമില്ലാത്തവരെന്തും പറഞ്ഞ് നോക്കില്ല പക്ഷെ ഇന്നും മനുഷ്യന് ചില ബോധമുണ്ട് പുറത്തൊക്കെ ഞാൻ അങ്ങനെ കാണുന്നു ഇവിടുത്തെ കാര്യം എനിക്ക് അറിയിക്കില്ല മനുഷ്യനാവശ്യത്തിന് ബോധമുണ്ട് പുറത്തൊക്കെ ഞാൻ കൂടുതലും പുറത്ത് ജീവിക്കുന്നതുകൊണ്ട് എൻ്റെ അഭിപ്രായം അവരോട് നിങ്ങൾക്കൊരിക്കലും കള്ളം പറഞ്ഞു നിൽക്കൊരിക്കലും ഒരു കാര്യം ചിന്തിക്കാൻ പറ്റില്ല സത്യം തന്നെ പറയുന്നു ചിന്തിക്കുന്നത് മനുഷ്യരാണ് മനുഷ്യരോട് മാറി അപ്പൊ അർത്ഥവാദങ്ങൾ പറഞ്ഞിട്ട് മനുഷ്യന്റെ പ്രവൃത്തിയിലേക്ക് അർത്ഥവാദങ്ങൾ പറഞ്ഞു അതാണ് എന്താണ് നമ്മുടെ രാജ്യം പല കാര്യങ്ങളിലും പിന്നോട്ട് പോയാലും യൂറോപ്യന്മാരൊക്കെ പല കാര്യങ്ങളും മുമ്പോട്ട് പോയതെന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടിട്ടുണ്ടോ ഫ്രഞ്ച് പൊളി പറഞ്ഞാണ് ഞാൻ എല്ലാം സംശയിക്കു എന്തിനേ സംശയിക്ക എന്തിനേ സംശയിക്കുക ിയ പ്രത്യക്ഷം അത് സംശയിൽ ഈ ഇപ്പം നമ്മൾ ഈ ഇരിക്കുന്ന സ്വപ്നമല്ല എന്നതിനെന്താ ഉറപ്പ് അതുകൊണ്ട് ഞാനിത് സ്വപ്നമാണോ എന്ന് സംശയി മനസ്സിലായോ അപ്പൊ എല്ലാത്തിനെയും സംശയിക്കുന്ന ഒരു ഒരു തത്വചിന്താ പദ്ധതി അവർക്ക് അവരുടെ അടിയിൽ വന്നു ഇന്നതൊക്കെ മാറി മനുഷ്യൻ എന്നാലും സംശയിക്കുക ഈശ്വരനെ അംഗീകരിച്ചതാണ് പക്ഷെ സംശയിക്കാമെന്നൊരു അടിസ്ഥാനപരമായി സ്വീകരിച്ചത് കൊണ്ടാണ് അവർക്ക് മുന്നേറാൻ കഴിയുന്നത് ഒരുപാട് തലങ്ങളിൽ മുന്നേറിയാതുകൊണ്ടാണ് കാരണം ഇവിടെ പറയുന്ന എന്താണ് സംശയാത്മി സംശയിച്ചാ നീ പൊടിഞ്ഞു പോകുന്നു അവിടെ പറയുന്നത് എന്താണ് അവരെ പഠിപ്പിച്ചെന്താണ് സംശയിക്കണം അവർക്ക് കുറച്ച് ബോധമില്ലാത്ത ആൾക്കാർ കൂടെ നമുക്ക് അവരെ കാണും ബോധം നമ്മുടെ തെറ്റിദ്ധാരനെ പല രംഗങ്ങളിലും നമുക്കതില്ല അങ്ങനെ സംശയിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുന്ന ൊരു ജനവിഭാഗം ഉണ്ടായപ്പോഴാണ് അവർക്ക് പല കാര്യങ്ങളിലും മുമ്പോട്ട് പോകുന്നത് നമ്മളെ അപേക്ഷിച്ച് അതുകൊണ്ട് ആ രീതിയിൽ പറയാൻ പറ്റില്ല ഇനി അങ്ങനെ പറ്റത്തില്ല ചിന്തിക്കുക ചിന്തിക്കാൻ വേണ്ടി ഞാൻ പറയുക അപ്പോ എന്താണ് പൗരുഷം മാത്രം എന്ന് പറയുന്നത് ബാക്കിയെല്ലാം ഭ്രാന്തന്റെ പ്രവൃത്തി എന്ന് പറയുന്നത് ശരിയല്ല പക്ഷെ പ്രവൃത്തിയിൽ നിന്ന് ഫലമുണ്ടാകുന്നതിന് ശരിയാണ് പ്രവൃത്തി കൊണ്ട് മാത്രം എന്ന് പറയാൻ പറ്റില്ല അനുഭവം സാധിക്കില്ല എവിടെ ചാർവാദന എന്താകുന്നു പറയാൻ പറ്റില്ല ഈ പ്രവൃത്തി മാത്രം എന്ന് പറയുന്നത് ഇവിടെ അല്ലാതെ ഒരിടത്തും ഞാൻ വായിച്ചു കേട്ടിട്ടില്ല പ്രവൃത്തി മാത്രം വേറെ ഇതുകൊണ്ടോന്ന് എനിക്കറിയത്തില്ല ഞാൻ വായിക്കാത്ത ദിവസവും കാണുന്നുണ്ട് എനിക്കറിയില്ല ഇല്ല എന്ന് പറയാനും ഞാനാണ് ഞാൻ വിവരങ്ങളും ഒരിടത്തും വായിച്ചു കേട്ടിട്ടില്ല ഇതുപോലെ പ്രവൃത്തി മാത്രമാണ് പുതുഷ ദേവ ബാക്കിയെല്ലാം ഉൾമത്ത ലേഷനാണ് ഭ്രാന്താണോ എന്നൊക്കെ പറയുന്ന ഒരു സിദ്ധാന്തം ഞാൻ ഒരടക്കം കണ്ടിട്ടില്ല ശരിയില്ലെന്ന് ഒരാളെങ്കിലും സമ്മതിച്ചു പിന്നെയും ഉടൻ പുറത്തിറങ്ങിയിട്ട് പറയരുത് ഞാൻ സമ്മതിച്ചിട്ടില്ല അത് അവിടെ വെച്ച് സമ്മതിച്ചാണ് ശരി അത് ശരിയാണ് അപ്പൊ അങ്ങനെ പറയാൻ പറ്റില്ല അപ്പം ഇത് നമ്മള് ആദ്യം പറഞ്ഞത് ഒന്നുകൂടെ പറഞ്ഞിട്ടാണ് അവിടെ നിൽക്കുകയാണ് ഇതിങ്ങനെ നിരന്തരം പറയുന്നത് ഇതാണ് പരമമായ സത്യം ഒന്ന് പലരും ധരിച്ചിട്ടുണ്ട് ഞങ്ങൾ ഈ ഭാഷയൊക്കെ പഠിച്ചവരായതുകൊണ്ട് അങ്ങനെ ധരിക്കാതിരിക്കാൻ വേണ്ടി ആണ് ഞാനിത് ചർച്ച ചെയ്യുന്നത് ഇതിൽ ശരിയായ കാര്യങ്ങൾ വരുമ്പോൾ നമ്മളത് സ്വീകരിക്കും മുഴുവൻ അബദ്ധം തന്നെയാണ് പറയാം ഇപ്പോൾ ഒരു അബദ്ധ പഞ്ചാംഗമാണെന്നൊന്നുമല്ല പറയും ഇതിൽ ഇങ്ങനെയുള്ള അബദ്ധങ്ങളുണ്ടാവും നമ്മൾ വേർതിരിച്ച് മനസ്സിലാവും ശരിയായ കാര്യങ്ങളും പറ്റും നമുക്ക് ഉപയോഗമുള്ള കാര്യങ്ങളും അതും മനസ്സിലാവും പിന്നെ എന്താണ് ഈ പോരുഷത്തെ കുറിച്ച് ഇങ്ങനെ പറയുന്നതിനെ കുറിച്ച് കൂടെ ഉൾപ്പെട്ടേതും നോക്കും വ്യക്തമാകും ഈ അധിനാക് ചെയ്യും വരണം വ്യക്തമാണ്